ഒരു മനുഷ്യന്റെ മനസ്സിലെ സങ്കല്പങ്ങൾ മറ്റൊരു മനസ്സിലേക്ക് പകർന്നു നൽകാൻ സഹായിക്കുന്നത് വാക്കുകളാണ് പിഴയും അർത്ഥശങ്കയാൽ നരദമഹർഷി ഈ രണ്ട് ചൈതന്യങ്ങളെ സമന്വയിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദ അനുഭൂതി അതിനാണ് ഭക്തി എന്ന് പറയുന്നത് മനസ്സ് മനോമയർപ്പിതം സ്ഥിരം മനസ്സ് ഈശ്വരങ്കൽ സ്ഥിരമായിട്ട് സമർപ്പിക്കാൻ സാധിക്കുകയൻ വാക്കുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കുക മനസ്സുകൊണ്ട് ഈശ്വരനെ തന്നെ ചിന്തിക്കാൻ സാധിക്കുക ഭക്തി ആവേശ മനോയസ് മങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും മനുഷ്യനെ ഏറ്റവും അധികം കെട്ടിയിടുന്നത് ഇങ്ങനെ രണ്ട് വാസനകളാണ് ഒന്ന് കാമം കണ്ടതിനോടൊക്കെയുള്ള ആഗ്രഹം എത്ര കിട്ടിയാലും മതിയാവാതെ പിന്നെയും പിന്നെയും അവനീശത വേണം ആഢ്യന് ഉർവീധവനാശിപ്പതു ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യ ശിവനേ മർത്യനു ൃഷ്ണാതീരലുണ്ടോ ഇതുപോലെ കർമ്മ മനുഷ്യന്റെ മറ്റൊരു ഒരു ദൗർബല്യാണ് പ്രവൃത്തി എന്താ പ്രവൃത്തിയുടെ പ്രയോജനം എന്നുപോലും ചിന്തിക്കാൻ സമയമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഗുണൈഹി സ്വാഭാവികർബലാൽ എന്താന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് നിശ്ചയില്ല അങ്ങനെ പല പ്രവൃത്തികളും നമ്മൾ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയാതെ ചിലപ്പോൾ അത് നിഷ്പ്രയോജനമാണ് അല്ലെങ്കിൽ ദുഷ്പ്രയോജനം നമുക്ക് അപകടം ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് പോലും അത്തരം പ്രവൃത്തികളിൽ നാം ഏർപ്പെടുന്നു പൊടി വലിച്ചിട്ട് ഒരാവശ്യമില്ലാന്ന് നമുക്കറിയാം പക്ഷേ ചിലർക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊടി വലിച്ചില്ലെങ്കിൽ പറ്റുമോ ഇതൊരു ഒരാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെ മുറുക്കിയില്ലെങ്കിൽ എവിടെയാ രസം ഇതുപോലെ പലതും ഒരാവശ്യവും കാര്യങ്ങളിൽ പോലും നമുക്ക് അഭിനിവേശം ഉണ്ടാവണം ആ സ്വഭാവങ്ങൾ സ്വഭാവോ ദുസ്ത്യജോനാഥ ഇനിയോട് ഒരുവിൽ കാളിയൻ ഭഗവാനോട് പറയണതുപോലെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവം വന്നു ചേരുന്നു ശരീരത്തിൻ്റെ പ്രവൃത്തിയിലും നാവിൻ്റെ പ്രവൃത്തിയിലും ഒക്കെ ഇത് വന്നു വരും അതിൽ നാവ് പഴച്ചാൽ ബാക്കിയുള്ളതിനൊക്കെ തിരുത്തലുണ്ട് നാവ് പഴച്ചുപോയാൽ അത് പിന്നെ തിരുത്താൻ വലിയ പ്രയാസമാണ് എന്നാ പറയുന്നത് നാവിന്നും വിട്ടുപോയത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഭക്തി ആവേശ്യാ മന മനസ്സിനെയും വാക്കിനെയും ഭഗവതുന്മുഖമായിട്ട് എത്തിക്കാൻ സാധിക്കുക അതിന് പാകത്തിനുള്ള ഒരു കാവ്യം രചിക്കാനാണ് ശ്രീനാരദ മഹർഷി തന്നെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോൾ ഇനി കഥാപാത്രങ്ങളൊന്നും പുതുതായിട്ട് തേടി നടക്കുന്നില്ല ഒരു തരത്തിൽ വേദവ്യാസ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബപുരാണാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾക്ക് വേദവ്യാസ മഹർഷിയുമായിട്ട് വളരെ ബന്ധമുണ്ട് പാണ്ഡുവും ധൃതരാഷ്ട്രരും വേദവ്യാസന്റെ മക്കൾ തന്നെയാണ് ഒരാൾ കണ്ണു പൊട്ടൻ മറ്റാൾക്ക് ശരീരത്തിൽ തൊലിക്ക് വല് എപ്പോഴും സൂക്കേട് ഇങ്ങനെ രണ്ട് രോഗികൾ എന്ന് പറയട്ടെ അവർ രണ്ടും തൻ്റെ കുട്ടികളാണ് അതേസമയത്ത് മഹാഭാരതത്തിൽ മറ്റൊരു മകനും കൂടി ഉണ്ട് വേദവ്യാസന് അത് മറ്റാരും അല്ല സാക്ഷാൽ വിതുരൻ വിതുരൻ എന്ന പുണ്യാത്മാവ് വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് കൊഠാരത്തിലെ തന്നെ ഒരു ഒരു ദാസിയിൽ പിറന്ന പുത്രൻ അത് ആ സ്ത്രീ വേദവ്യാസനെ പോലുള്ള ഒരു പുണ്യപുരുഷൻ്റെ ബീജം തനിൽ തൻ്റെ ഗർഭപാത്രത്തിലേക്ക് പകർന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് കൊതിച്ച് കൊതിച്ച് കൊതിച്ച് ശിഷ്യൻ ഗുരുനാഥനെ ആശ്രയിച്ച് ആ ഗുരുനാഥനിൽ നിന്ന് വിജ്ഞാനീയങ്ങൾ നേടിയെടുക്കുന്നത് വേദവ്യാസനിൽ നിന്ന് ആ വേദവ്യാസൻ്റെ പൈതൃകം മുഴുവൻ ഏറ്റുവാങ്ങാനുള്ള ത്വരയോടെ അവിടുത്തെ സേവിച്ച് സേവിച്ച് സേവിച്ച് കിട്ടിയ കൗരവ പുണ്യല എന്ന് പിന്നീട് ഈ ഈ തൻ്റെ പുത്രനെ പറ്റി വേദവ്യാസന് തന്നെ തോന്നിയിട്ടുണ്ട് കൗരവന്മാര് ചെയ്ത എല്ലാ പുണ്യത്തിനും കൂടി ഒരു സ്വരൂപം അങ്ങനെ ഒരു പുണ്യാത്മാവ് വിതുരൻ ബാക്കി രണ്ടുപേരും ഒരു കുരു ഒന്നൊരു കുരുടൻ മറ്റത് പാണ്ഡൻ എന്നൊക്കെ കുഞ്ചനമ്പ്യാർ പറയണതുപോലെയാണ് പിന്നീട് തനിക്ക് ഒരു ഒരു പത്നിയുടെ സഹായം കൂടാതെ തന്നെ മാനസപുത്രനായിട്ട് തനിക്ക് പിറന്ന ഉണ്ണിയാണ് സാക്ഷാൽ പിന്നീട് ശ്രീശുഖബ്രഹ്മർഷിയായിട്ട് പരിണാമം പ്രാപിച്ച ആ അങ്ങനെ വാസ്തവത്തിൽ തൻ്റെ കുട്ടികളുടെ കഥ അവരുടെ മക്കളുടെ കഥ തൻ്റെ കുട്ടികൾ തമ്മിലുള്ള കുട്ടികളുടെ മക്കൾ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ കഥ ഇതൊക്കെയായിപ്പോയി ഭാരതത്തിൽ മനസ്സ് തന്നെയാണ് കുരുക്ഷേത്രം ആ മനസ്സിൽ പല പല ആശയങ്ങൾ പല പല സംഘടനങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് നടക്കുന്നു ആ സംഘട്ടനങ്ങൾ കൊണ്ട് വെറുതെ മരണം മാത്രം സംഭവിച്ചാൽ പോരാ പല പല പുതിയ പുതിയ ആശയങ്ങൾ അവിടെ നിന്ന് ഉദയം കൊള്ളണം അതിൽ പ്രകാശിതക്കോവി നവീനമാർഗ നാരദ മഹർഷി കാണിച്ചു തന്ന ആ ആ പാത പാതയിലൂടെയാണ് ശരിക്കും സഞ്ചരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഉത്തമബോധ്യം വന്നു അപ്പോൾ ഭാരതത്തിലെ കഥാപാത്രങ്ങൾ തന്നെ ഭാഗവതത്തിലേക്ക് വന്നപ്പോഴേക്കും എന്തൊരു മാറ്റമാണ് അവിടെ വന്നത് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഭാരതത്തിൽ വളരെയേറെ പ്രതിപാദിച്ച കുറേയേറെ കഥാപുരുഷന്മാരെ തന്നെയാണ് ഭാഗവതത്തിലും ആദ്യമായിട്ട് ചിത്രീകരിക്കുന്നത് പാഞ്ചാലിയാണ് കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള എന്തെന്നില്ലാത്ത മത്സരത്തിന് കാരണക്കാരി എന്ന് തോന്നും കാരണം പാഞ്ചാലിയെ സഭയിൽ വെച്ച് ആക്ഷേപിച്ചു കൗരവന്മാരിൽപ്പെട്ട ഒരു വ്യക്തി പാഞ്ചാലിയെ കൗരവ സഭയിൽ വെച്ച് പാണ്ഡവന്മാരുമുള്ള സഭയിൽ വെച്ച് മാനഭംഗപ്പെടുത്തി അതിന് പ്രതികാരമായിട്ട് അവൻ്റെ ചോരയ്ക്ക് വേണ്ടി പാഞ്ചാലി ദാഹിച്ചു അങ്ങനെയാണ് ഒരിക്കലും ഭഗവാൻ ഇതിലിടപെട്ട് അല്ല മത്സരമല്ല ജീവിതം യജ്ഞം താൻ എന്നുല്ലസിച്ച് അഖിലരും കർമ്മം ഭഗവാൻ തന്നെ മാധ്യസത്തിന് ശ്രമിച്ചതാ പക്ഷേ കേശം ഇത് കണ്ട് കേശവാ നീഗമിക്കണം പാഞ്ചാലി ഭഗവാനോട് ചെന്ന് അടിയന്റെ വാക്ക് ദാ ഈ അഴിച്ചിട്ട തലമുടി അതി ഒന്നും സംസാരിച്ചില്ല പാഞ്ചാലി അങ്ങനെ പാഞ്ചാലിയുടെ ആ വൈര നിര്യാതന ബുദ്ധിയുടെ ചൂടിൽ ദാ ഭഗവാന്റെ ഈ ശ്രമം പോലും പാഴായിപ്പോയിന്ന് പറഞ്ഞാലത്തെ കഥ എന്താ ആ പാഞ്ചാലിയെ ആണ് ആദ്യമായിട്ട് ഇവിടെ ഒരു കഥാപാത്രം സംസാരിക്കുന്ന കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചത് മറ്റതിനു മുമ്പ് തന്നെ ആ മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് അന്ന് അർദ്ധരാത്രി പതിനെട്ട് ദിവസമാണല്ലോ യുദ്ധം നീണ്ടു നിന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞു അവിടെവിടെ പലരും ഗതപ്രാണന്മാരായിട്ട് പലരും അർദ്ധപ്രാണന്മാരായിട്ട് ആ യുദ്ധഭൂമിയിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്നുണ്ട് ശേഷിച്ച ആളുകൾ ചെറിയ ചെറിയ കൂടാരങ്ങളിൽ സുഖനിദ്ര ചെയ്യാണ് അതിനിടയ്ക്ക് ഒരാൾക്ക് മാത്രം ഉറക്കം വരുന്നില്ല അയാൾ അർദ്ധരാത്രി ആ കൂരിരുട്ടിലൂടെ അവിടെയും ഇവിടെയും അങ്ങനെ പാത്തും പതുങ്ങിയും സഞ്ചരിക്കുകയാണ് ഒരു ശിബിരത്തിലേക്ക് ഒരു കൂടാരത്തിലേക്ക് അയാൾ കടന്നു അവിടെ സുഖനിദ്രയിൽ കിടന്നിരുന്ന ഒരു യുവാവിനെ തൻ്റെ കയ്യിലുള്ള കഥാരി കൊണ്ട് അയാൾ വെട്ടി വെട്ടി നുറുക്കി അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അയാൾ മറ്റൊരു കൂടാരത്തിലേക്ക് കടന്നു അവിടെ സുഖമായിട്ട് ഉറങ്ങാണ് പാഞ്ചാലിയും പാഞ്ചാലിയുടെ അഞ്ച് പിഞ്ച് കുഞ്ഞുങ്ങളും സാധാരണ സ്ത്രീകൾ യുദ്ധരംഗത്തിൽ പോവാറില്ല പ്രത്യേകിച്ചു ആ കാലത്ത് പാഞ്ചാലി വന്നത് രക്തം പുരട്ടി തൻ്റെ മുടി കെട്ടിവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്ന് അന്ന് രാത്രി തിരികെ പോകാനിട കിട്ടില്ല ആ യുദ്ധ നടന്ന സ്ഥലത്ത് തന്നെ ഒരു കൂടാരത്തിൽ ഉറങ്ങാണ് അവിടെ കടന്ന് പാഞ്ചാലിയുടെ തൊട്ടടുത്ത് കിടന്നിരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വെട്ടിനുറുക്കി ഈ ഘാതകൻ പിന്നെ പാഞ്ചാലിയുടെ ഒരു കരച്ചിലുണ്ടായിട്ടുണ്ട് തദാരുതൽ ബാഷ്പകലാകുലാക്ഷി പൊട്ടി പൊട്ടി കരഞ്ഞു പാഞ്ചാലി ണർന്ന് പാഞ്ചാലിയുടെ അടുത്തേക്ക് എത്തിയത് അർജുനനാണ് ഈ ഹീനകൃത്യം ചെയ്തവനാരായാലും ശരി അവൻ്റെ തല ഞാനിവിടെ കൊണ്ടുവന്നിടും എന്ന വാശിയോടുകൂടി അർജുനൻ പുറത്തു കടന്നപ്പോൾ ത്രിഭുവനകമനം തമാലവർണംവികരഗൗരവരാംബരം സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദയസൂര്യനെ പോലെ പ്രകാശിച്ച് നിൽക്കുക അവിടെ അവിടുത്തെ തൃച്ചുണ്ടുകളിൽ മന്ദഹാസമാണ് അപ്പോഴും മന്ദം ജഹാസാവുവാ ഭഗവാൻ തെളിക്കുന്ന തേരിൽ അർജുനൻ കേറി തേര് അതിവേഗം പാഞ്ഞു അന്വാദ്രവൽ ദം കുരുപുത്രം രഥേന തേരതിവേഗം പായുന്നത് ദാ തൻ്റെ ഗുരുനാഥൻറെ മകന്റെ പിന്നാലെയാണെന്ന് അർജുനൻ കണ്ടു അർജുനൻ ഒന്ന് അമ്പരുന്നു ദ്രോണാചാര്യരുടെ പുത്രൻ അശ്വത്ഥാമാവാണ് അശ്വത്ഥാമാവിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് ഏതോ അടുത്തൊരു ഒരു ലേഖനത്തിൽ കാണുണ്ടായി ഈ വ്യാസന്മാർ അതൊരു ഒരു വ്യക്തിയുടെ പേരല്ല കൃഷ്ണൻ ദ്വൈവായനൻ വ്യാസൻ എന്നുള്ളതൊരു പ്രവൃത്തിയുടെ പേരാണ് എഡിറ്റർ എന്നൊക്കെ ഇന്ന് പറയണതുപോലെ എഡിറ്റ് ചെയ്യുക വിജ്ഞാനീയങ്ങളെ സമന്വയിപ്പിക്കുക അങ്ങനെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വ്യാസൻ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തെട്ടാമത്തെ വ്യാസനാണ് ശ്രീമദ്ഭാഗവതം രചിച്ചത് എന്നും ഇനി വരാൻ പോകുന്ന വ്യാസൻ ഈ അശ്വത്ഥാമാവാണെന്നൊക്കെ ആ ലേഖനത്തിൽ അടുത്ത കാലത്ത് ഒരു ലേഖനം അങ്ങനെ അതിലെഴുതി കണ്ടു അല്ല അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം കൂടി ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു മാത്രം അശ്വത്ഥാമാവിൻ്റെ പിന്നാലെയാണ് ഈ തേര് പാഞ്ഞു എത്ര ഓടിയാലും രക്ഷയില്ല എന്ന് കണ്ട് പെട്ടെന്ന് അശ്വത്ഥാമാവ് തിരിഞ്ഞു നിന്നു അധോപസ്പൃശ്യ സലീലം സന്തം പ്രയോഗിച്ചു ബ്രഹ്മാസ്ത്രം കണ്ടതോടുകൂടി അർജുനൻ ആകെ അമ്പരന്ന് പോയി ഭഗവാന്റെ ശ്രീവാദത്തിൽ വീണ് നമസ്കരിച്ചു ഗാന്ഡീപം ആവനാഴിയിലെ ഇതൊന്നും പ്രയോജനമില്ല ഭഗവാന്റെ ശ്രീവാദത്തിൽ ശിരസ് അവിടുത്തെ ശ്രീവാദം തന്നെ മുറുകെ പിടിച്ചു കടന്നു അർജുനൻ എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനോഹ്യമാനാനാം ഭാഗവതത്തിലെ ആശയത്തെ അർജുനൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് വേദവ്യാസ മഹർഷി ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്വമേകോദ്യമാനാനാം അപവർഗോ സീ സംസ്കൃതേ ജീവിതക്ലേശങ്ങളിൽ ജീവിത പ്രാരംഭങ്ങളിൽ കിടന്ന് നട്ടം തിരിയുന്ന വ്യക്തികൾക്ക് ഈ സംസാരത്തിൻ്റെ അഗ്നിജ്വാലകളിൽ വെന്തുരുങ്ങുന്ന മനുഷ്യാത്മാക്കൾക്ക് മനസ്സിന് കുളിർമ കിട്ടാൻ ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ ശ്രീപാദം മാത്രേ ആശ്രയള്ളേ മുകുന്ദസേവയായ ദ്വൽ തഥാത്മാതീ ഭഗവാനെ കേവലം തൻ്റെ ഒരു ചങ്ങാതിയായിട്ടല്ല പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സുഹൃത്തായിട്ട് കണ്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിട്ട് കണ്ട് അർജുനൻ അവിടുത്തെ വാഴ്ത്തിസുരിച്ചു ഭഗവാൻ പറഞ്ഞു വേദ്ദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമാത്രം പ്രദർശിതം ഈ കത്തിജ്വലിച്ച് വരുന്ന ചൈതന്യം എന്താണെന്ന് എനിക്കറിയാം ഇത് അശ്വത്ഥാമാവ് നിനക്കെതിരെ പ്രയോഗിക്കപ്പെട്ടതാണെങ്കിലും ലോകത്തിന് മുഴുവൻ നാശം ചെയ്യുന്ന സമ്പ്രദായത്തിലുള്ള ആ ബ്രഹ്മാസ്ത്രമാണ് അശ്വത്ഥമാവ് പ്രയോഗിച്ചതാണിത് അയാൾക്ക് ഈ ബ്രഹ്മാസ്ത്രം അയക്കാനേ അറിയൂ നിനക്ക് കുറച്ചുകൂടിയൊക്കെ അറിവുണ്ടെന്നാണ് ധാരണ ഭഗവാൻ പൂർണമായിട്ടൊന്നും പറഞ്ഞില്ല ഒരു നിമിഷം അർജുനൻ ആലോചിച്ചു ശ്രുവാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഹാ സ്പൃഷ്ട്രമ്യ ബ്രാഹ്മം ബ്രാഹ്മയ കൃഷ്ണം വന്ദേ ഗുരു പരിക്രമ്യ ആദ്യമായിട്ട് ഭഗവാനെ ഒന്ന് പ്രദക്ഷിണം വെച്ചു ഭഗവാന്റെ ശ്രീപാദത്തിൽ ഒന്നുകൂടി വീണ നമസ്കരിച്ചു ഗുരുനാഥനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു ആ ഗുരുനാഥനെയും പ്രദക്ഷിണം വെച്ചു ഗുരുനാഥൻറെ ശ്രീപാദത്തിലും ശിരസ് അർപ്പിച്ചു പിന്നെ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ജപിച്ചു ആ മന്ത്രം ജപിച്ചു കൊണ്ട് ഇതാ മറ്റൊരു ബ്രാഹ്മം ബ്രാഹ്മ സന്തെ മറ്റൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു ഒരു ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ ലോകം മുച്ചൂട് നശിക്കുമെങ്കിൽ രണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ എങ്ങനെയതൊരു പരിഹാരമാവണത് നമ്മളിത് ചിന്തിക്കാറില്ല യുദ്ധ കുതുകികളായിട്ടുള്ള ആളുകൾക്ക് അന്നും ഇന്നും ഈ ആയുധം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്ന സത്യം പരം അത് കണ്ടെത്താൻ സാധിക്കണില്ല പക്ഷെ അർജുനൻ പെട്ടെന്ന് ഭഗവാന്റെ ശ്രീപാദത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ആയുധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല ഒരായുധം കൊണ്ട് തന്നെ ലോകം നശിക്കുമെങ്കിൽ രണ്ടാമതൊരായുധം കൂടി പ്രയോഗിച്ചാൽ ലോകത്തിൻ്റെ നാശം ത്വരിതപ്പെടുകയാണ് മനസ്സിലാക്കിയ അർജുനൻ സന്ധ്യഹാരാർജുനോദ്വയം രണ്ട് ബ്രഹ്മാസ്ത്രങ്ങളും തൻ്റെ ആവനാഴിയിലേക്ക് തന്നെ എത്തിച്ചു ഭഗവാന് വളരെ സന്തോഷമായി പക്ഷേ അശ്വത്ഥാമാവിനെ കെട്ടി വരിഞ്ഞ് മുറുക്കി തേരിലിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു ഭഗവാൻ പറഞ്ഞു നീ പാഞ്ചാലിയോട് പറഞ്ഞത് ആഹരിഷ്യീപുത്രഹാന്നല്ലേ നിന്റെ ഈ കുഞ്ഞുങ്ങളെ കൊന്നവൻ ആരായാലും ശരി അവൻ്റെ തല ഞാൻ കൊണ്ടുവരാൻ നീ പറഞ്ഞിട്ടുള്ളൂല്ലോ എന്തിനായിട്ടടി മുഴുവൻ വലിച്ചു വാരി കൊണ്ടുപോണത് അർജുന പ്രതിശ്രുതഞ്ചവതാ പാഞ്ചാല് അർജുനൻ ഭഗവാൻ ഈ രീതിയിൽ സംസാരിച്ചുവെങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ല മതം ച വാസുദേവ സഗവാന്റെ ഹൃദയത്തിലെ ആശയഗതിയാണ് അർജുനൻ സ്വീകരിച്ചത് ഗുരുപുത്രനാണ് ആത്മാവൈ പുത്രനാമാസി ഗുരുനാഥനായിട്ട് തന്നെ ഇദ്ദേഹത്തെ കണ്ടാതിരിക്കേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയല്ല പക്ഷേ ഇദ്ദേഹത്തിലെ ജീവചൈതന്യം ദാ ഗുരുനാഥൻ്റെ ചൈതന്യം ആണ് അങ്ങനെ ഭഗവാൻ ശാസിച്ചിട്ടും ആ ശാസനകൾക്ക് ചെവി കൊടുക്കാതെ ഏവം പരീക്ഷതാധർമ്മം ഇതെന്തോ ഭഗവാൻ ഒരു നടത്തിയൊരു പരീക്ഷയാണ് ആ പരീക്ഷയിൽ അർജുനൻ ജയിച്ചു റാങ്ക് നേടി ജയിച്ചു പക്ഷേ അർജുനനേക്കാൾ വിജയം അവിടെ നേടിയത് പാഞ്ചാലിയാണെന്നാണ് വേദവ്യാസൻ പാഞ്ചാലിയെ ചിത്രീകരിച്ചപ്പോൾ സൂചിപ്പിക്കുന്നത് പ്രതികാരദുർഗ എന്ന സമ്പ്രദായത്തിലാണ് പാഞ്ചാലിയെ ഭാരതത്തിൽ കാണ കാണുന്നത് എങ്കിൽ അതേ ദ്രൗപതിയെ മറ്റൊരു വെളിച്ചത്തിൽ ഇതാ ഭാഗവതത്തിലെല്ലാം അതിൻ്റെ ആ ആ ശരിയായ പാതയിലൂടെ കോവി നവീന പുതിയ നല്ല വെളിച്ചുള്ള ഒരു വഴിയിൽ കൂടിയാണ് ചിത്രീകരിക്കുന്നത് പാഞ്ചാലി ഈ അശ്വത്ഥാമാവിനെ കണ്ട ഉടനെ ശ്രീവാദത്തിൽ വീണ് നമസ്കരിച്ചു വാമസ്വഭാവ കൃപയാ നമാമ ഭാരതസ്ത്രീകൾ തൻ ഭാവശുദ്ധി നമുക്കാർക്കെങ്കിലും സാധിക്കോ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നൊരുത്തൻ അടുത്തേക്ക് വരിക അയാളുടെ ശ്രീവാദത്തിൽ വീണ് നമസ്കരിക്കാനും സാധിക്കുക ഞാൻ ആരോടും അപ്രിയമില്ലാതെ ആരോടും പകയില്ലാതെ ആരോടും പ്രതികാരമില്ലാതെ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ആ കൃഷ്ണാവതാരത്തിൻ്റെ സന്ദേശം പൂർണമായി ഉൾക്കൊണ്ട ഒരു മഹതിയെയാണ് വേദവ്യാസൻ ഭാഗവതത്തിൽ ആദ്യമായിട്ട് ചിത്രീകരിച്ചത് ഒര ഉച അസഹന്തിഷ ബ്രാഹ്മണോ നിതരാതി അസ്യ ജനനീ ഗൗതമീ പതിദേവത ഭഗവാൻ പോലും ആകെ ഒന്ന് രോമാഞ്ചകഞ്ചുഹിതനായി പാഞ്ചാലിയുടെ ആ സമീപനം കണ്ടപ്പോൾ ഇതേവരെ എത്രയെത്ര അമ്മമാർ കരഞ്ഞിരിക്കണു മക്കൾ മരിച്ച അമ്മമാർ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ ഇങ്ങനെ എത്രയെത്ര ആളുകൾ സ്ത്രീകളുടെ കണ്ണുനീരൊഴുകി ഈ ഭാരതയുദ്ധത്തെ തുടർന്ന് ഇനി ഒരു കുഞ്ഞ് ഒരമ്മ മാത്രമേ ഭാരതയുദ്ധത്തിൽ സ്വന്തം കുഞ്ഞു മരിക്കാതെ ബാക്കിയുള്ളൂ അത് ദ്രോണാചാര്യരുടെ അശ്വത്ഥാമാവിന്റെ അമ്മയാണ് ദ്രോണാചാര്യരുടെ പത്നി ദ്രോണാചാര്യർക്ക് ഇങ്ങനെ ആകെ ഒരേ ഒരു മകന ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ പെട്ടുകഴിയുന്ന ആ സ്ത്രീയെ ഇനി ഒരേ ഒരു മകനുള്ളത് കൂടി മരിച്ച് കണുനീരൊഴുക്കാൻ ഇടവരുത്തരുതേ ഗുരുവായിരപ്പസ്യ ജനനി ഇങ്ങനെ മറ്റൊരാളുടെ ഹൃദയ ദുഃഖം പോലും മനസ്സിലാക്കി ആർക്കും കണ്ണീരൊഴുക്കാൻ ഇടവരരുതേ നേരത്തെ നമ്മൾ അനുസ്മരിച്ചതുപോലെ പ്രഹ്ലാദനെ പോലെ സ്വസ് വിശ്വസ്യ ഖല പ്രസീതതാം എല്ലാവർക്കും മനസ്സിന് ശാന്തി നൽകണേ ഗുരുവായൂരപ്പ ആരുടെ മനസ്സിലും എന്തെന്നില്ലാത്ത പ്രതികാരമോ എന്തെന്നില്ലാത്ത ദുഃഖമോ എന്തെന്നില്ലാത്ത അഭിനിവേശങ്ങളോ ഇല്ലാതെ ഭഗവാനെ മാത്രം സ്നേഹിച്ച് ഭക്തി ആവേശ മനോയസ്മിൻ വാചായൻ നാമകീർത്തയൻ ആ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ശ്രീവാദങ്ങളിൽ പാഞ്ചാലി വീണ് നമസ്കരിച്ചപ്പോൾ ധർമ്മ്യം ന്യായം സകരുണം നിർവ്യളീകം സമം മഹൽ എന്തൊക്കെയാണ് പാഞ്ചാലിയുടെ ആ സമീപനത്തെ ഏതെല്ലാം വാക്കുകളിലൂടെയാണ് ചിത്രീകരിക്കേണ്ടത് എന്ന് നിശ്ചയില്ലാത്തൊരു സർവരും പാഞ്ചാലിയുടെ ആ സമീപനത്തെ പ്രശംസിച്ചു ധർമ്മപുത്ര മഹാരാജാവ് അവിടെ കൂടിയിട്ടുള്ള മഹർഷീശ്വരന്മാർ ദേവ ഋഷിമാര് രാജ ഋഷിമാര് ഗന്ധർവന്മാര് പക്ഷേ ഭീമസേനൻ മാത്രം പെട്ടെന്ന് ക്ഷുബ്ധനായി ഗതയും ചോഴിച്ചിക്കൊണ്ട് ചാടി ഈ ഹീനകൃത്യം ചെയ്തവനെ വെറുതെ വിടെ പക്ഷേ ഭഗവാൻ നാല് തൃക്കൈകളെ കൊണ്ടും ഭീമേട്ടനെ മുറുകുണർന്ന് അവിടെ നിർത്തി എൻ്റെ ഭീമേട്ട ഒന്ന് അടങ്ങൂന്ന് എന്നിട്ട് ഭീമസേനെ തന്നെ കുറേ നേരം ഭഗവാൻ പുഞ്ചിരി തൂകി നോക്കിക്കൊണ്ടുനിന്നു അതുപോലെ അർജുനനെ നോക്കി പാഞ്ചാലിയെ നോക്കി ധർമ്മോത്ര മഹാരാജാവിനെ നോക്കി നകുലസഹദേവന്മാര് ഇവരെയൊക്കെ നോക്കി എന്നിട്ട് ഭഗവാൻ പറഞ്ഞു കുരുപ്രതിശ്രുതം സത്യം ഭീമേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് പാഞ്ചാലി പറഞ്ഞത് ശരിയാണ് വല്യേട്ടൻ പറഞ്ഞത് അതിലും ശരിയാണ് ഇവിടെ സജ്ജനങ്ങളുടെ മുഴുവൻ മനസ്സിന് ചില ചില അഭിപ്രായങ്ങളുണ്ട് അതിനെയൊക്കെ മാനിച്ചുകൊണ്ട് നീയ ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്ന ഏറ്റവും യുക്തമായത് ചെയ്യൂ മാമനുസ്മര യുദ്ധ യഥേച്ഛസി തഥാ ഗുരുത്രേ ഭഗവാൻ ഗീതയിലും പറയുന്നുള്ളൂ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാറില്ലേ ഭഗവാനില്ല ഞാനീ പറഞ്ഞതൊക്കെ നീ ഒന്ന് കേൾക്കുക എന്നിട്ട് അവനവൻ്റെ ഒരു മനസ്സാക്ഷിയും അവനവൻ്റെ യുക്തിയുണ്ടല്ലോ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ അർജുന എന്നേ ഗീതയിൽ ആരോടും പറയുന്നുള്ളൂ അനുശാസനം അല്ലാതെ ടെൻ കമാൻമെൻസ് അല്ല ഗീത അത് മനുഷ്യന് മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കൂടുതൽ ഭംഗിയായിട്ട് ഇതേവരെ ഞാൻ പ്രവർത്തിച്ച് ശീലിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് എൻ്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് നടത്താൻ പറ്റുമോ എന്ന ഒരു ഇന്ദു വിചാരം അതിനെ സഹായിക്കുന്നവയാണ് ഭഗവാന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതുകൊണ്ട് ഭഗവാൻ വ്യക്തത ആയിട്ട് പറഞ്ഞു ചെയ്യണം എന്ന് നിർബന്ധിക്കില്ല യഥാ ഇച്ഛസി തഥാ ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് നിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഒരു ഒരു ആ ഇങ്ങനെ ചെയ്താൽ തിരക്കിട്ടില്ലാ തോന്നില്ലേ അങ്ങനെ ചെയ്തോളൂ അവനവൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ചെയ്തോളൂ എന്നാൽ ഒരിക്കലും തെറ്റുപറ്റില്ല എന്നാൽ ഒരിക്കലും അത് പാപാവില്ല സ്വന്തം മനസ്സാക്ഷിയുടെ പ്രേരണകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് പാപമായിട്ട് തീരണത് ആലോക്യവദനം ഭഗവാൻ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഈ നിർദ്ദേശം സമർപ്പിച്ചപ്പോൾ അർജുന സഹസാജ്ഞായം അർജുനൻ വില്ലുവമ്പ് ഒന്നും പിന്നെ എടുത്തില്ല ക്ഷത്രിയ ചിഹ്നമാണ് ഉറയിൽ വാള് ഉറയിൽ നിന്ന് വാൾ ഊരി ഒരു വീശു വീശിയപ്പോൾ അശ്വത്ഥാമാവിനെ വരിഞ്ഞു മുറുക്കിയിരുന്ന കയറൊക്കെ തുണ്ടന്തുണ്ടായിട്ട് തീർന്നു ശിരസിലുണ്ടായിരുന്ന ഒരു ദിവ്യരത്നവും താഴെ തെറിച്ചു വീണു ഒരു മുടിനാരിഴ പോലും മുറിഞ്ഞിട്ടുമില്ല മേലാൽ ഇവിടെ കണ്ടുപോകരുത് എന്ന കർശനമായ താക്കിയതോടെ അശ്വത്ഥാമാവിനെ അവിടെ നിന്ന് വിട്ടയച്ചു പിന്നീട് ഇതാ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്രയാണ് അവിടെ ചെന്നു ആദ്യം തന്നെ ഭഗവാൻ യമുനാനദിയിലേക്ക് ഇറങ്ങി ആപ്ലുദാ ഹരിപാദാ ഭഗവാന്റെ കൂടെ മറ്റു സജ്ജനങ്ങളും പാണ്ഡവന്മാരും എല്ലാവരും ഹരി ഹരി ഹരി ഹരി ഹരി ഹരി എല്ലാവരും ഭഗവാന്റെ പാദസ്പരിശം കൊണ്ട് പുണ്യതീർത്ഥമായി മാറിയ ആ നദിയിൽ മുങ്ങിക്കുളിച്ചു പണ്ടേറെ ഭഗവാൻ്റെ പാദസ്പരിശമേറ്റാണ് അമൃതജലയായി മാറിയത് അതിൽ മുങ്ങിക്കുളിച്ചു എല്ലാവരും പിന്നെ ഉദകക്രിയകൾ ചെയ്യണ്ടേ ബന്ധുക്കളാണ് മരിച്ചതിൽ അധികം പേരും പലർക്കും ആ പലരുടെയും ഉദകക്രിയ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വക ഉദകക്രിയകൾ വേലയൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ധർമ്മപുത്ര മഹാരാജാവിനെ മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്തു അതിനു വേദവ്യാസ മഹർഷി ചിത്രീകരിച്ച ചില ചില രംഗങ്ങളുണ്ട് ഭഗവാനമ്മയെ എന്ന് വിളിച്ച ഒരിടത്തിലേക്ക് കയറി ചെന്നു കുന്തിദേവിയുടെ അടുക്കിലേക്കൊന്നുമല്ല സാക്ഷാൽ ഗാന്ധാരി ദേവിയുടെ അടുക്കിലേക്ക് ഗാന്ധാരി പുത്രശോകാർത്തം കൃഷ്ണാഞ്ചമാസാന്ത ഇങ്ങനെ മക്കൾ മരിച്ച് ഭർത്താക്കന്മാര് മരിച്ച് ഭർത്താവ് മരിച്ച് അങ്ങനെ ബന്ധുക്കൾ മരിച്ച് ദുഃഖത്തിന് വിധേയരായ പലരെയും ആനന്ദസ്വരൂപിയായ ഭഗവാൻ നേരിട്ട് ചെന്ന് ആശ്വസിപ്പിച്ചു നവൈ ജനോ സ്മരൻ മുകുന്ദ്രിപകൂഹനം പുനർവിധാതു നരസഗ്രഹോയഥ ഭഗവാനെ സർവാത്മനാശ്രയിച്ച ആളുകൾക്ക് ആനന്ദമൂർത്തിയായ അവിടുത്തെ സാന്നിധ്യം നിരന്തരം അനുഭവപ്പെടുന്ന മനസ്സുകൾക്ക് മാവിന്ദൻ ഭവവേദന ജീവിതത്തിലുണ്ടാവുന്ന ദുഃഖങ്ങൾ പോലും ആനന്ദമായിട്ടാണ് അനുഭവപ്പെടുക ഈയൊരു ആശയമാണ് നാരദ മഹർഷി വേദവ്യാസനിലേക്ക് സംക്രമിപ്പിച്ചത് ആ ആശയത്തിൽ അടിയുങ്ങിക്കൊണ്ടാണ് ഭാഗവതത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ വേദവ്യാസ മഹർഷി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരുമാതിരി ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു പാണ്ഡവന്മാരുടെ ഭരണം പ്രത്യേകിച്ചും ധർമ്മോത്ര മഹാരാജാവ് അദ്ദേഹത്തിന് മനസ്സിൽ കുറേശേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട് താൻ കാരണം എത്ര ആളുകൾ മരണപ്പെട്ടു പോയി എന്തിനെ ഇവരുടെയൊക്കെ മരണത്തിനു വേണ്ടി താൻ യത്നിച്ചത് തനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി തനിക്ക് അധികാരം കിട്ടാൻ വേണ്ടി യഥാ പങ്കേന പങ്കാഭ സുരയാവാ സുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം ന യജ്ഞർമാർഷ്ടീ ബാലദ്വിജ സുഹൃൻ മിത്ര പിതൃ ഭ്രാതൃ ഗുരുദ്രുഹ നരയാൻ മോക്ഷോഹ്യഭി വർഷായുധായുധൈ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു മാനം വിട്ടു നടക്കുന്നിതു ചില അത്തരം ചിലരിൽ പെട്ടുപോയില്ലോ താനും എന്ന പശ്ചാത്താപം പശ്ചാത്താപം പാപഹരം എന്നല്ല മഹർഷീശ്വരന്മാർ വ്യാസാദ്യേ ഈശ്വരേ ആജ്ഞി പ്രബോധിതോ സജനങ്ങളുടെ സംസർഗം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദുഃഖങ്ങൾ കുറേയൊക്കെ മാറിയിരുന്നു പക്ഷെ എന്നാലും പിന്നെയും ദുഃഖചിന്ത അതും കൂടി കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ധർമ്മപുത്രമഹാരാജാവിനെ കൊണ്ട് യാജയി അശ്വമേധൈ ഉത്തമകൽപകൈ തദ്ശപ്പാവനം ദിക്ഷു ശതമന്യോൽ കൊണ്ട് പാപ കർമ്മങ്ങൾ ധാരാളം ചെയ്യിച്ചു ഇപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിന് കുറച്ച് സമാധാനമായിട്ടുള്ള കാല ഇനി ദ്വാരകയിൽ നിന്ന് പോകുന്നിട്ട് നാളെ എത്രയായി ദ്വാരകയിലേക്കൊന്ന് പോവാം എന്ന് കരുതി ഗന്ധും കൃതമതിർ ബ്രഹ്മൻ തേരിൽ കയറാൻ ഭാവിക്കുക ഭഗവാൻ അപ്പോഴേക്കും ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ ഒരു പെൺകുട്ടി വന്ന് ആശ്രയിച്ചു പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപഥത്ര മൃത്യു പരസ്പരം ആരാ തൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നത് തൻ്റെ മരുമകൻ്റെ ഭാര്യയാണ് മരുമകൻ്റെ ഭാര്യയാണ് കാക്കൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നത് ഭഗവാനാകെ ഒരു മരുമകനേ ഉള്ളു മക്കളൊക്കെ ഉണ്ടെങ്കിലും മരുമകനായിട്ട് തനിക്ക് ആകെ ഒരു സഹോദരിയേ ഉള്ളു ആ സുഭദ്രാദേവി ആ സുഭദ്രാദേവിക്ക് ഒരു ഉണ്ണി പിറന്നു അഭിമന്യു എന്ന ഉണ്ണി ആ അഭിമന്യു വിവാഹം കഴിച്ചത് ഉത്തരാദേവിയെയാണ് വിരാട് രാജ്യത്തിന് ആ ഉത്തരാദേവി അഭിമന്യുവിൻ്റെ വിവാഹം കഴിഞ്ഞ് മധുവിധു പോലും ആയിട്ടില്ല അപ്പോഴേക്കുമാണ് യുദ്ധം ആരംഭിച്ചത് ആ യുദ്ധത്തിൽ അഭിമന്യു തന്നെ കുരുതി കൊടുക്കപ്പെട്ടു മഹാരഥന്മാർ ില്ക്കേ പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന് പിടഞ്ഞു വീണ് ചാവേണ്ടി വന്നു വലിയ ഗംഭീരന്മാര് സവ്യസാചികൾ നോക്കി നിൽക്കേ അന്ന് ഭർത്താവിന്റെ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്യുമായിരുന്നു ഉത്തരാദേവി പക്ഷെ ഭഗവാൻ നീ ഭാര്യ മാത്രമല്ലോ ഹേ സ്ത്രീ നീയൊരു ഭാര്യ മാത്രല്ല നീ അമ്മയാകാനുള്ളവളാണ് ഒരമ്മ ആവുക എന്ന മഹത്തായ കർത്തവ്യം അതിൽ നിന്ന് നീ ഒളിച്ചോടി പോവരുത് ഒരു കുഞ്ഞിന് നീ ജന്മം നൽകണം നിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ നീ സംരക്ഷിക്കണം എന്ന് ഭഗവാനെ അമ്മ അവിടുന്ന് പറഞ്ഞത് മാത്രം അടിയൻ ദേഹത്യാഗം ചെയ്യാതെ കഴിച്ചുകൂട്ടിയതാണ് പക്ഷെ ഇപ്പോളിതാ മാമയെ ഗർഭോ നിപാത്യതാം അടിയന്റെ ഗർഭസ്ഥ ശിശു ആകെ കത്തിക്കരിഞ്ഞു എന്നാ തോന്നണേ എന്ത് എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അശ്വത്ഥാമോപൃഷ്ടേന അശ്വത്ഥമാവിന്റെ പ്രതികാരാഗ്നിജ്വാലകൾ ഉതലാദേവിയുടെ ഗർഭപാത്രത്തിനകത്ത് കടന്ന് അവിടെയുള്ള ആ പോലും